ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കും എന്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹു സുബഹാനഹൂവറ്റ ആലയ്ക്ക് വിട്ടുകൊടുക്കുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനുഹൂവറ്റ ആല തൻറെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്